ം നാൽപ്പത്തി മൂന്ന് അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക് കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു അപ്പോൾ ഇസ്രയേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്കുവഴിയായി വന്നു അതിന്റെ മുഴക്കം പെരുവള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു ഭൂമി അവന്റെ തേജസ് പ്രകാശിച്ചു ഇത് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ ഈ ദർശനങ്ങൾ കെബാർ നദീ തീരത്തുവച്ച് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു അപ്പോൾ ഞാൻ കവിണ്ണുവീണു യഹോവിയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു ആത്മാവെന്നെ എടുത്ത് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു യഹോവിയുടെ തേജസ് ആലയത്തെ നിറച്ചിരുന്നു ആ പുരുഷൻ എന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആലയത്തിൽ നിന്ന് ഒരുത്തൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൻ എന്നോട് അരുളി ചെയ്തത് മനുഷ്യപുത്ര ഇത് ഞാൻ എന്നൈക്കും ഇസ്രയേൽ മക്കളുടെ മധ്യയെ വസിക്കുന്ന എന്റെ സിംഹാസനത്തിന്റെ സ്ഥലവും എന്റെ കാലടികളുടെ സ്ഥലവും ആകുന്നു ഇസ്രായേൽ ഗ്രഹമെങ്കിലും അവരുടെ രാജാക്കന്മാരെങ്കിലും തങ്ങളുടെ പരസംഗം കൊണ്ടും പൂജാഗിരികളിലെ തങ്ങളുടെ രാജാക്കന്മാരുടെ ശവങ്ങൾ കൊണ്ടും എനിക്കും അവർക്കുമിടയിൽ ഒരു ചുവർ മാത്രം ഉണ്ടായിരിക്കക്കവണ്ണം തങ്ങളുടെ ഉമ്മരപ്പടി എന്റെ ഉമ്മരപ്പടിയും തങ്ങളുടെ കട്ടള എന്റെ കട്ടളയും ആക്കുന്നതുകൊണ്ടും എന്റെ വിശുദ്ധ നാമത്തെ ഇനി അശുദ്ധമാക്കേണ്ടതല്ല അവർ ചെയ്ത ന്്ലേക്ഷതകളാൽ അവർ എന്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്റെ കോപത്തിൽ അവരെ നശിപ്പിച്ചു ഇപ്പോൾ അവർ തങ്ങളുടെ പരസംഗവും രാജാക്കന്മാരുടെ ശവങ്ങളും എങ്കിൽ നിന്ന് ദൂരത്താക്കി കളയട്ടെ എന്നാൽ ഞാൻ അവരുടെ മധ്യേ എന്നേക്കും വസിക്കും മനുഷ്യപുത്ര ഇസ്രേൽ ഗ്രഹം തങ്ങളുടെ അകൃത്യങ്ങളെക്കുറിച്ച് ലജ്ജിക്കേണ്ടതിന് നീ ഈ ആലയം അവരെ കാണിക്ക അവർ അതിന്റെ മാതൃക അളക്കട്ടെ അവർ ചെയ്ത സകലത്തെയും കുറിച്ച് അവർ ലജ്ജിച്ച നീ ആലയത്തിന്റെ ആകൃതിയും വിധാനവും പുറപ്പാടുകളും പ്രവേശനങ്ങളും അതിന്റെ ആകൃതിയൊക്കെയും സകല വ്യവസ്ഥകളും അതിന്റെ രൂപമൊക്കെയും അതിന്റെ സകല നിയമങ്ങളും അവരെ അറിയിച്ച് അവർ എല്ലാ ചട്ടങ്ങളും വ്യവസ്ഥകളും പ്രമാണിച്ച് അനുഷ്ഠിക്കേണ്ടതിന് അതിനെയൊക്കെയും അവർ കൺകെ എഴുതിവെക്കുക ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ അതിർത്തിക്കകമെല്ലാം അതിവിശുദ്ധമായിരിക്കണം അതെ ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം മുഴപ്രകാരം യാഗപീഠത്തിന്റെ അളവ് ആവിത് മുഴമൊന്നിന് ഒരു മുഴവും നാലുവിരലും ചുവട് ഒരു മുഴം വീതി ഒരു മുഴം അതിന്റെ അകത്ത് ചുറ്റുമുള്ള വക്ക് ഒരു ചാൻ യാഗപീഠത്തിന്റെ ഉയരമാവിത് നിലത്തെ ചുവടു മുതൽ താഴത്തെ തട്ടുവരെ രണ്ടു മുഴവും വീതി ഒരു മുഴവും താഴത്തെ തട്ടുമുതൽ വലിയ തട്ടുവരെ നാലു മുഴവും വീതി ഒരു മുഴവും ആയിരിക്കണം ഇങ്ങനെ മേലത്തെ യാഗപീഠം നാലു മുഴം ീഠത്തിന്റെ അടുപ്പിൽ നിന്ന് മേലോട്ട് നാലു കൊമ്പ് ഉണ്ടായിരിക്കണം യാഗപീഠത്തിന്റെ അടുപ്പിന്റെ നീളം പന്ത്രണ്ട് മുഴവും വീതി പന്ത്രണ്ട് മുഴവുമായി സമചതുരമായിരിക്കണം അതിന്റെ നാല് പുറവുമുള്ള തട്ട് പതിനാല് മുഴം നീളവും പതിനാല് മുഴം വീതിയും അതിന്റെ ചുറ്റുമുള്ള വക്ക് അരമുഴവും ചുവടു ചുറ്റും ഒരു മുഴവും ആയിരിക്കണം അതിന്റെ പതനങ്ങൾ കിഴക്കോട്ടായിരിക്കണം പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത് മനുഷ്യപുത്ര യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു അവർ യാഗപീഠം ഉണ്ടാക്കുന്ന നാളിൽ ഹോമയാഗം കഴിക്കേണ്ടതിനും രക്തം തളിക്കേണ്ടതിനും അതിനെക്കുറിച്ചുള്ള ചട്ടങ്ങൾ ആവിത് എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോട് അടുത്തുവരുന്ന സാധോക്കിന്റെ സന്തതിയിലുള്ള ലേവ്യരായ പുരോഹിതന്മാർക്ക് നീ പാപയാഗമായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നീ അതിന്റെ രക്തത്തിൽ കുറയെടുത്ത് യാഗപീഠത്തിന്റെ നാലു കൊമ്പിലും തട്ടിന്റെ നാലു കോണിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടി അതിന് പാപപരിഹാരവും പ്രായ്ചിത്വവും വരുത്തേണം പിന്നെ നീ പാപയാഗത്തിന് കാളയെടുത്ത് ആലയത്തിൽ നിയമിക്കപ്പെട്ട സ്ഥലത്ത് വിശുദ്ധ മന്ദിരത്തിന്റെ പുറമേ വെച്ച് ദഹിപ്പിക്കണം രണ്ടാം ദിവസം നീ ഊനമില്ലാത്ത ഒരു കോലാട്ടുകൊറ്റനെ പാപയാഗമായി അർപ്പിക്കണം അവർ കാളയെ കൊണ്ട് യാഗപീഠത്തിന് പാപപരിഹാരം വരുത്തിയതുപോലെ ഇതിനെ കൊണ്ടും അതിന് പാപപരിഹാരം വരുത്തേണം അതിന് പാപപരിഹാരം വരുത്തി തീർന്ന ശേഷം നീ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെയും അർപ്പിക്കണം നീ അവയെ യഹോവിയുടെ സന്നദ്ധിയിൽ കൊണ്ടുവരേണം പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പുവിതറിയ ശേഷം അവയെ യഹോബിക്ക് ഹോമയാഗമായി അർപ്പിക്കണം ഏഴു ദിവസം നീ ദിനം പ്രതി ഓരോ കോലാട്ടിനെ അർപ്പിക്കണം അവർ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടുകൊറ്റനെയും അർപ്പിക്കണം അങ്ങനെ അവർ ഏഴു ദിവസം യാഗപീഠത്തിന് പ്രായച്ചിത്തം വരുത്തിയും അതിനെ നിർമ്മലീകരിച്ചും കൊണ്ട് പ്രതിഷ്ഠ കഴിക്കണം ഈ ദിവസങ്ങൾ തികച്ച ശേഷം എട്ടാം ദിവസവും മുമ്പോട്ടും പുരോഹിതന്മാർ യാഗപീഠത്തിന്മേൽ നിങ്ങളുടെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും അർപ്പിക്കണം അങ്ങനെ എനിക്ക് നിങ്ങളിൽ പ്രസാദമുണ്ടാകുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്